ആകാശവാണി കുഞ്ഞിപ്പാത്തുമ്മിപ്പാത്തുമ്മിത് എവിടെ പോയിരിക്കണേ ഞാൻ ഞമ്മള് പറഞ്ഞിട്ടില്ലേ അയമ്പക്കത്ത് പോകരുതെന്ന് ഇജ്ജെ ഈ നാട്ടിലെ പണക്കാരനായ വട്ടനടിമയുടെ മോള നിന്റെ ഉമ്മ ആരാ കുഞ്ഞിത്താച്ചുമ അതല്ലടി ചോദിച്ചത് എന്റെ നിലയും വേലയും നിനക്കറിയോ നിന്റെ ഉമ്മ ആനമ്മക്കാരുടെ പൊന്നാര മോളാ എന്റെ ബാപ്പാക്കേ വല്യൊരാന ഉണ്ടായിരുന്നു വല്യൊരു കൊമ്പന ആന അപ്പൊ നിനക്കോ നിന്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു നിന്റെ ഉപ്പൂപ്പാക്കൊരാന ഉണ്ടായിരുന്നു നാടകം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നോവലിന്റെ റേഡിയോ രൂപാന്തരം രൂപാന്തരപ്പെടുത്തിയത് പ്രൊഫസർ ഇ വി സുകുമാരൻ പങ്കെടുക്കുന്നവർ സി രമാദേവി തൃശൂർ എൽ സി പി യു വിശ്വനാഥൻ പി കെ സുരേഷ് ബാബു എം തങ്കമണി ആനേനെ തൊട്ടിട്ടുണ്ടാ പിന്നെ നമ്മളല്ലേ അതിന് ചോറും ശർക്കരയും കൊടുത്തോണ്ടിരുന്നത് ഞമ്മള് കണ്ടിട്ടില്ല ഞമ്മക്ക് ഇസ്തായി ആനേനെ ഇസ്ലാമികളാണെങ്കിലും അയൽപക്കങ്ങളിലെ പെള്ളേരുമായി കൂട്ടുകൂടരുത് എന്താ കാരണം ഏ ദുനിയെ രണ്ടു തരം കൂട്ടരേ ഉള്ളൂ ഇസ്ലാമും കാഫിറും ഉമ്മ ഉമ്മ എപ്പോഴമ്മ ഞാൻ ഭയതാകാൻ പോണത് ഇത് എന്തിരുത്ത് ചോദ്യാ അല്ല ബാപ്പാടൊപ്പം കുളിച്ചാൻ പോയപ്പോ ഞാൻ കാപ്പ്രചികളി കണ്ട് അവർക്ക് നല്ല മണിണ്ട് അവര് സാരിയും ബ്ലൗസ് എന്ന കുപ്പായവും അതിനിടയിൽ പോഡീസ് എന്ന പറ്റുപ്പായവും ഇട്ടിട്ടുണ്ട് കുഞ്ഞുപാത്തുമലുട്ടേ എപ്പളാ ഞാൻ വലുതാവണത് എന്റെ കുഞ്ഞുപ്പാത്തുമ്മ ഞമ്മക്ക് വേണ്ടാത്തതാത് കാഫർച്ചീടെ ലിബാസ് കാഫറിനോട് ഞമ്മ എതിര്ണിക്കണം ബാപ്പ അല്ലേ നിക്കണത് നീ ബാപ്പാട് ചോദിക്കേ അത് നേരാമോളെ നമ്മക്കത് വാങ്ങില്ല നമ്മള് ഇസ്ലാമികളാ അതുകൊണ്ടല്ലേ ബാപ്പ തലമൊട്ടരിച്ച് നടക്കണത് ദിവസവും അഞ്ചു നേരം നിസ്കരിക്കണത് വല്യ കശപ നേരിയത് തോളിക്കോടെ ഇടും അത് നിലത്തു മുട്ടാറിഞ്ഞിരിക്കാൻ രണ്ടു ബാല്യക്കാര് പിന്നാലെ നടന്ന് പൊക്കെ പിടിക്കും അങ്ങനെയാ എന്റെ ബാപ്പ നടക്കണത് നിന്റെ ഉമ്മ ഉണ്ടല്ല വല്യ ഒരു ദിവസം നൂറ് തളിയില് ബച്ചല്ല വേണം ബട വർത്താനം കേക്കാനായിട്ട് വരും അഞ്ച കൗടിയ കറുത്ത വറകിനെ പറ്റിയ ഇതാണ് പാക്യർഗ് ചുമ്മാ ഉണ്ടാകുവോ ആനമക്കാരന്റെ പുന്നാരമോടെമോളാ തന്നെയോ ഞമ്മള് അഞ്ച് പെറ്റിട്ട് പടശ്ശോനും മുത്തുനബി നേർച്ചക്കാരും ഒന്നിനെ തന്നുള്ളു പിന്നെ കല്യാണത്തിന് ഇവിടെ ബാപ്പാടെ കൂട്ടക്കാര് കൂടിയില്ലെങ്കിലും കുഞ്ഞിപ്പാത്തുമ്മയുടെ കല്യാണം നടക്കും ആനമ്മക്കാരൻറെ പുന്നാരമോടെ പുന്നാരമോളാ ഇവിടങ്ങളെ മീൻകാരും പീച്ചക്കാരും പിള്ളേർക്ക് എന്തിനാ ഞമ്മടെ പേരിടുന്നത് കെട്ടിക്കാൻ പോണ പെണ്ണാ ശോയിക്കണ കേട്ടാ നോക്കിയേ എന്റെ മറുകിന്റെ നിറം എന്താ നിന്റെ ഉപ്പൂപ്പാടെ ആനന്റെ നിറം എന്താ കറുത്തത് നിന്റെ നിറം എന്താ വെളുത്തത് വെളുത്ത നിന്റെ കവളുമ്പല് കറുത്ത മറുകുണ്ടായതെന്താ നിന്റെ ഉപ്പൂപ്പാക്കനുണ്ടായിരുന്നു അതോണ്ട് വലിയൊരു കൊമ്പനാന എന്റെ പാപ്പേ ഇന്നെ കെട്ടാൻ വന്നത് ആനേന്റെ പുറത്ത് കേറിയ എന്നീം കെട്ടാൻ വരുന്ന ചെക്കൻ ആന പുറത്താവോ വരുക എന്തിനാണ് ഉമ്മാനി കെട്ടിക്കണത് പെണ്ണായി പിറന്ന ഏതെങ്കിലും ഒരാളിന് കെട്ടിച്ചു കൊടുക്കൂട്ടിട്ട് വേണം പോവാൻ ഉമ്മ പോണുണ്ടാ പോണുണ്ട് അപ്പൊ ഇനിയും കൊണ്ടോണം അതൊക്കെ എന്തെല്ലാം കാര്യങ്ങളാ മൂലയാര് വഴ്സ് എന്നൊരാപ്രസംഗത്തില് പറഞ്ഞിട്ടുള്ളത് മക്കത്തുള്ള ഈറാഗുവയിൽ നബി ദാനത്തിലിരുന്നപ്പോ ജിബ്രിയില് വന്ന് പറഞ്ഞ് വായിക്കുക ും വായനയും പഠിക്കുക അതാണ് ഖുർആാനിന്റെ തുടക്കം നബിമക്കത്ത് ജനിച്ചു മദീനത്ത് കവറടക്കി അജിന് പോകുമ്പോ ബാപ്പയും ഉമ്മയും രണ്ടോടത്തും പോകും ഒര കൂടെ പോകാൻ എന്നെ കേട്ടാള് സമ്മതിക്കുവാവോ ബാപ്പാക്കെന്താ പുതിയ കേസ് കൊടുത്തിരിക്കുന്നു എന്ത് കേസാ പാപ്പാ പള്ളി കൈത്താന കാര്യത്തിനാണോ പള്ളിയിലെ ഭരണകാര്യങ്ങൾ നോക്കാൻ എനക്ക് അവകാശം ഇല്ല അവകാശം പിന്നെ ആർക്കണ്ടോ ഞാനാണ് ഈ നാട്ടില് മുന്തിയ പണക്കാരൻ ഭാഗന്റെ മുത്തുനബിന്റെ നേർച്ചക്കാരും മോദബിയുള്ള ഭട്ടനൊരുപോട് അവര് കളി പഠിക്കും കുഞ്ഞിപ്പാത്തുമ്മ ഇച്ചിങ്ങനെ ബെഡക്കായി നടനാ പോരാ കയ്യിലും കാലിലും മൈലാഞ്ചി ഇടണം കണ്ണ എഴുതണം എല്ലാ പണ്ടങ്ങളും ഇടണം അന്നെ എപ്പയാ പെണ്ണ് കാണാൻ വരുന്നേന്ന് അറിഞ്ഞൂടാ അവര് വന്നാലേ എൻറെ ഭായ പൊളിച്ചു നോക്കും എന്തിനാ അനക്ക് പുയിപ്പല്ലുണ്ടോന്നറിയാൻ പടച്ചോനെ പിന്നെ അന്നോട് ചോദ്യങ്ങൾ ചോദിക്കും അറിവുണ്ടോന്നറിയാൻ എന്ത് ചോദ്യങ്ങളാണമ്മ ഞമ്മളെ പടച്ചതാര് അവസാനിക്കുമ്പോ എന്താ ക്യാമത്തിന്റെ അടയാളങ്ങൾ എന്തെല്ലാം താണവരും ഒയരും ഒയർന്നൊരു തായും ഒരീസം പെട്ടെന്നൊരു ചെത്തം കേക്കും ആഹാ ഇത് എന്തൊരു ചെത്തം എന്ന ആളോട് അതാണ് സൂർ എന്ന കാഹളം ഇസ്രാഫീൽ എന്ന മലക്ക് ഒരു കൊയലിൽ കൂടി ഉണ്ടാക്കുന്ന ശബ്ദമാണത് ആ കൊയലിന് ദുനിയാവിലുള്ള ജീവികളുടെ ോട്ടുണ്ട് ആ ശബ്ദം കൂടിക്കൂടി ഇടിവെട്ടും പോലാകും ഭൂമി കുലുങ്ങും കൊടുങ്കാറ്റുണ്ടാവും അങ്ങനെ ദുനിയാവ് അവസാനിക്കും ഐഷാ ബിബി ആരാർന്നു മുത്തനബിന്റെ വീടര് ഐഷ ബിബിന്റെ കാത് കുത്തിയിരുന്നു എത്ര അലിക്കത്തുണ്ടായിരുന്നു സുബർഗത്തീന്ന് ജിബ്രിൽ മുത്തുക്കൊല കൊണ്ടുവന്ന് റസൂൽ സല്ലാഹുഅലൈ വസല്ലമ്മിന്റെ കൈ കൊടുത്ത് മുത്തുനബി അത് ഐഷാബിബിയുടെ കാതിലിട്ട് ഷജുത്തൻ മുന്ത എന്താ സുബർഗത്തിലെ വല്യൊരു മര ആ മരത്തില് ഈ ദുനിയവിലെ എല്ലാ ജീവികളുടെയും എണ്ണ ഇലകളുണ്ട് ഒരേ ഇല വീയുമ്പോ ഒരു ജീവി മയ്യത്താവും ദുനിയവില് മുസീബത്ത് ഉണ്ടാക്കണത് എന്ന പകയാൻ ഇബിലീസ് മലക്കായിരുന്നു മലക്കിനെ പടച്ചത് തീയോണ്ടാ അതോണ്ട് തമ്പുരാ മലക്കിനെ പുറത്താക്കി അവനാ ഇബ്ലീസ് എന്ന പഹയൻ മുടി വളർത്തിയാല് ഇബ്ലീസ് തലേ കയറിയിരിക്കും അതില്ലാണ്ടിരിക്കാനാണ് നമ്മുടെ ആളോള് തൊപ്പിടുന്നത് എന്തിരി കൂടിയൊരു കുസു കുസുപ്പ് ഒന്നുമില്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഇങ്ങൾ ഇങ്ങനെ കേസും കൂട്ടുമായി നടന്നാ മതിയോ ഓള കെട്ടിച്ചു കൊടുക്കണ്ടേ വേണം ും കെട്ടു കൊടുക്കാൻ അത് ശെരിയാ ആനമ്മാരൻറെ മോള്ക്ക് മുൻചോരു തന്നെ വേണം എന്നെ ഒന്ന് കാണാൻ പറ്റിയെങ്കില് ഒന്ന് കണ്ടാ മതി അത് പൊക്കണം കേടലേ എന്തെന്റെ വേദന നിക്ക് എല്ലാണ്ടല്ല ില്ല രാത്രി മാനത്ത് നോക്കി നിക്കുമ്പോ ഇങ്ങളെന്താ വെള്ളത്തെ വീണ കോയ പോലിരിക്കണത് കുഞ്ഞിതാച്ചു മനസ്സിലൊരു എന്തിരുത്താ കേസിന്റെ കാര്യ ഇങ്ങളുടെ ഏഴ് പെങ്ങന്മാരും കൂടെ കേസ് കൊടുത്തത് അവർക്കും കൂടെ ഉള്ളത് ഉമ്മാനെ പറ്റിച്ച് ഇങ്ങള് എഴുതി മേടിച്ചെന്ന് അയിന് അതിരിക്കെന്റെ ഉമ്മ എഴുതി തന്നു ഞാനും വാദിച്ച് എത്ര കൊല്ല കേസ് നടന്നേ ഞമ്മള് പള്ളിയില് നേർച്ച നേർന്നു ആ ഞമ്മടെ കേസ് ജയിക്കാൻ പോകുകയർന്ന് എന്നിട്ടെന്തേ ഉമ്മാക്ക് പിന്നെ വായിച്ച് കേസ് നടത്തി എത്ര പറമ്പുകളും നിലവും വിറ്റുപോയി മുയ്യം പണ്ടങ്ങളും പോയി കുഞ്ഞുതാച്ചു എന്തേ കേസിൽ എൻ്റെ റബ്ബേ എന്താണ് കേക്കണത് നമ്മളെല്ലാം പോയില്ലേ തന്നെ കുട്ടി കഴിഞ്ഞു കൊടുക്കണം ഇവിടെ ിനത്ൈവക്കത്തുള്ള കിറ്റ് ഇവിടെ നിന്ന് ഞമ്മക്ക് ഒന്നും എടുക്കാനില്ല അതുകൊണ്ട് ഈ രാത്രി തന്നെ പോകടി വേണം അത് ഞമ്മളെടുക്കും നമുക്ക് പോക പോക ഹായ് എന്ത് ചേലാണ് താമര പൂക്കള് ചോപ്പും വെള്ളിയും ഞമ്മളൊന്ന് എണ്ണി നോക്കട്ടെ കുഞ്ഞിപ്പാത്തുമ്മെന്തെടുക്കുക എപ്പ എണ്ണാലിരുന്നാലും ഉമ്മ വിളിക്കൂ മുയോനാക്കാൻ പറ്റൂല എന്ത് സ്ഥിതി ഉള്ളാരുന്നു ഞമ്മള് എല്ലാം പോയില്ലേ ഇവിടെ ഇപ്പോ ആകെ ഒന്ന് രണ്ട് ചട്ടിയും കാലോ ഞാൻ ആ പുളിഞ്ചോട്ടി പോട്ടെ എത്ര നെല്ലോ പറമ്പോ എത്ര വല്യ വീടാർന്നു ഇപ്പോ മൈക്കോലും മെഞ്ഞ പേരെ മുറി മാത്രം പെണ്ണായി പിറന്ന തീ പിടിപ്പിക്കാനെങ്കിൽ അറിയണം ഞാൻ ആനമക്കാരൻറെ പുന്നാര മോളാ എൻ്റെ ഇല്ലേലും മൂക്കെ വലിച്ചു കയറ്റു നിങ്ങള് ഞാൻ ആനമക്കാരൻറെ പുന്നാര മോളാ എനിക്ക് ലൈസൻസ് ഉണ്ട് ഓ എന്റെ ഇങ്ങനെയാണ് കടിച്ചു കീറാൻ പോണ പോലെ കയ്യില് കായില്ലാണ്ടായ എല്ലാ കൂടി തന്നെയാ മോളെ തല കൂടിയാല് കായ കായേ ഞാൻ ഉറക്കമീൻ കച്ചവടം നടത്തി എന്തെങ്കിലും ചെയ്ത് നയിക്കണ്ടേ അങ്ങനെയല്ലേ പണക്കാരനായ ഭട്ടനടിമ ഷമ്മടിമയായത് കേത്ത അവിടെ ഒരു നിന്റെ ഉമ്മാക്ക് ഇപ്പഴും പൊരുത്തപ്പെടാൻ പറ്റിട്ടില്ല ഉമ്മാക്ക് ഉമ്മണി പാലം പഞ്ചാരിയും ചേർത്ത ചായ വേണം എന്നിട്ട് തരുന്നതാ പന്നഞ്ചക്കര ചേർത്ത കടായ അത് ഉപ്പിട്ടിട്ട് ഉമ്മാക്ക് ചട്ടി ചായ കൊടുത്ത ചട്ടി തല്ലി കൊടക്കൂ എല്ലാ ദിവസവും ചട്ടി മാങ്ങ എവിടെയാണ് കായികി നമുക്ക് ശരട്ടയ കൊടുത്താൽ മതി മയ്യദീന നേർച്ചക്കാരെ കേത്ത് കേക്കണുണ്ടാരിന്റെ നിന്റെ ആ മറക്കു പാകക്കേടിന്റെ അന്നെ കാലപ്പാമ്പ് കടിക്കും അവന്റെ തലവട്ടം കണ്ടപ്പോളാ ഓ എന്റെ ഉമ്മാ ഒന്ന് പതുക്കെ പറയാടി എനിക്ക് അടിമ ആനമക്കാരന്റെ പുന്നാരമോളെ പേടിപ്പിച്ചാൻ വരണു ചെറു ആനമക്കാർ പുന്നാരമോള നിന്നെ ചെന്ന് കഴുത്ത് കൗത്ത് എന്റെ കഴുത്ത് ഉമ്മ പോയിനി പലങ് വെച്ച് പോ പോലീസാർ കൊണ്ടോവും ഇനി അമ്മക്കാര് ഇപ്പൊ സുബർക്കത്തുള്ള ശാസ്ത്രത്തെ മുൻതാടെ ഒരേല വീണിട്ടുണ്ടാവു പഠിച്ചോടെ എനിക്കാരുമുക്കാരൂല്ലോ ഉമ്മണിറ്റല്ല ോ ഇജ്ജ് മാറിക്കോ മാ തടകാം ഇജ്ജ് പോയിട്ട് കുത്തിയിരിക്കർക്കും തൗപ ചെയ്യണം ചെയ്ത തെറ്റിന് തമ്പുരാനോട് മാപ്പ പൂർത്തിക്ക് അപേക്ഷിക്കണം ഏഹ് എന്ത് എണ്ണയും കൊയമ്പും ഇഞ്ചിയും വേണം ആ മോളെ ഉമ്മാക്ക് കുളിച്ചാൽ ഉമ്മി വെള്ളം കോരി ചൂടാക്കും ഉമ്മാ ഞാൻ തെക്കേലെ ഒഴിഞ്ഞ കിടക്കണ വീടില്ലേ അവിടുത്തെ കറി പോയി കുളിച്ചോട്ടെ അധികം താമസിക്കരുത് ആ പാളയും കയറും എടുത്തോ കെട്ടിയോനും കെട്ടിയോളും വായിക്കിടയാണോ എന്തിനാ വായിക്കിടുന്നത് എന്തിനാ വൈക്കിടുന്നത് കുരുവികളേന്ന് ഓ മിണ്ടീ നോയിക്കേ എന്തോരു കാണിക്കലാണീ കാട്ടിയോട്ടി വീണല്ലാ മനസന്മാര് കമന്നു കിടക്കണ പോലെ കിടക്കണ് കണ്ട റബേ അത് മയ്യത്തായ പാവത്തിന് കുറച്ച് വെള്ളം കൊടുക്കാൻ ജീവനുണ്ടോ ആരാത് എന്തൊരു പോക്കണം കേടാണ് കരക്ക് മയ്യേ വിഷമം ഓ വിഷമാണോ അതെ ലോക എന്ത് മും പെണ്ണ് ഒരാർന്നവനോട് വർത്താനം പറഞ്ഞിരുന്ന വയസ്സിനടയ്ക്ക് എന്നെ പോലൊരു പെണ്ണിനെ കണ്ടിട്ടില്ല അട്ടേ എന്താ കുരുവിയുടെ പേര് കുഞ്ഞിപ്പാത്തുമ്മ കുഞ്ഞിപ്പാത്തുമ്മയുടെ ചോരയാണല്ലേ ആ ഇല കിടക്കുന്നത് അതെ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ എവിടെ നോക്കട്ടെ കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കെ ചോര പോകാതിരിക്കട്ടെ ആ ഈ സിഗരറ്റിന്റെ പുകയിലെടുത്ത് അത് വെച്ച് തൂവാല കൊണ്ട് കെട്ടിത്തരാം ആ ആ കൈയൽപ്പം താത്തിയേ ഇയാൾക്ക് ചെറുപേരിലില്ല കയ്യെ നനക്കരുത് കേട്ടോ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ മുറിവ് കരിഞ്ഞിരിക്കും ആ ഇനി കുഞ്ഞിപ്പാത്തുമ്മ മുകളിലേക്ക് എങ്ങനെ കയറും കുരുവിയെ കാണട്ടെ നോക്കിയേ കുരുവി പറക്കുന്നു കുഞ്ഞിപ്പാത്തുമ്മക്ക് പറക്കാൻ കഴിയോ ആ എന്നാല് നമുക്ക് ചിറകുണ്ടാക്കാം എന്റെ കൈ പിടിച്ചോ പിടിച്ചോ ഉം ആ പതുക്കെ പതുക്കെ സൂക്ഷിച്ച് ഭയപ്പെടണ്ട പോന്നോളൂ അങ്ങനെ ആ കീറി വാ അങ്ങനെ എന്നാലിപ്പാത്തോളൂട്ടോയോ ആയി എന്താവോ കല്പ് സന്തോഷം ഇനി കുളിച്ചാ നോക്കട്ടെ ഇവിടെ വേറെ ആരുല്ല മുണ്ടും കുപ്പായം ഊരി വയ്ക്കാം തോർത്തോണ്ട് മാത്രം എടുക്കാം ഏ ആ വാതിരി തുറന്നു പറഞ്ഞത് നേരത്തെ കണ്ട ആളല്ലേ അയാൾ ഇങ്ങോടാണല്ലോ വരണത് അയ്യോ പാളിയും കയറും കെറ്റി പോയല്ലാ കുളിച്ചാ നിക്കണ വേഷത്തില് അയാൾ എന്നെ കാണില്ലേ എങ്കിടാ ഓടുക കുപ്പായം ഉണ്ടെടുത്ത് മാറി മറിച്ച് ഇവിടെ കുത്തിക്കാം ഓ കുഞ്ഞിപ്പാത്തമ്മ കുളിക്കാണല്ലേ ഞാനറിഞ്ഞില്ലേട്ടോ എനിക്ക് കുറച്ച് വെള്ളം വേണ്ടിയിരുന്നു ഞാനിപ്പ തന്നെ പൊയ്ക്കോളാം എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം പാളയും കയറും കെണറ്റി പോയി എന്ത് പാളയും കയറും കെണറ്റി പോയി ഇനി എങ്ങനെ കുളിക്കും സാരമില്ല പാളയും കയറും കെണറ്റിന്ന് ഞാൻ എടുത്തു തരാം ഏ ദാണ്ടും മടക്കി കൊത്തി കെണറ്റിലിറങ്ങി ആള് വിൽക്കുവോ എത്ര വേഗ പാളയും കയറേം കൊണ്ടുവരുന്നത് ഇനി കുഞ്ഞിപ്പാത്തമ്മ കുളിച്ചോളൂ ആ മനസ്സനാരങ്ങനെ വന്ന് കുഞ്ഞിപ്പാത്തുമ്മ അത്തായം കഴിക്കണില്ലേ വേണ്ടമ്മ നിന്റെ കരളിൽ ഒരു വേദന അതാടേ അന്നാരും കെട്ടിക്കൊണ്ടു പോവാത്തത് ഇന്ന കെട്ടിച്ചതേ പതിനാലാമത്തെ വയസ്സിലാ അനക്കിപ്പം വയസ്സ് ഇരുപത്തിരണ്ടായി ജൊന്ന് ചുമ്മാരിക്കുന്നോ പടച്ചോന്റെ ബാണ്ടിണ്ടെങ്കി അവിടെ നിക്കാ ഇക്കൊല്ലം തന്നെ നടക്കൂ ഇവളെ കെട്ടാമ്പ എന്ത് കണ്ടിട്ട് വരാൻ ശീതനം കൊടുക്കാൻ വല്ലതുണ്ടാ ജമുണ്ടാണ്ടിരിക്കണോ ആരെങ്കിലും വരും ജൊണ്ടിരുന്നാ മതി ഇരുന്നില്ലേ ചെമ്മനടിവ മൂക്കിയ വലിച്ചു കേറ്റുവോ ഇപ്പാത്തുവോ എന്താ ബാണ്ടജ് ബാപ്പാ വീട്ടിലൊരു സ്വൈരല്ലുണ്ടായി പിന്നൊരു സമാധാനം ഓനെ പറ്റി ഓർക്കുമ്പോഴാണ് കാണില്ല എവിടെ പോയിക്കളഞ്ഞ് പേരെന്ത് എന്ത് ചാതി എവിടുന്ന് വന്ന് ആ മുഖം ആ ചിരി ആ നഷ്ടപ്പെട്ട ബെർല് ആ ആമ്പൽ പോയിക എന്റെ അരികില് ആരാ നിക്കണത് ഒരു കാപ്രിച്ചിയല്ലേ പടച്ചോന്നെ ആ കൊച്ചു കാപ്രച്ചി കുളിച്ചാൻ പോകാണ് കന്നട്ട കടിച്ചു കൊല്ലും ഹമ്പടി എന്നാ കന്നട്ട കടിച്ചു കൊല്ലട്ടെ കുളിച്ചല്ലേ കുളിച്ചല്ലേ എന്ന് പറഞ്ഞാൽ എന്താ അവളുടെ നാമൂസ് കണ്ടാ സുന്ദരി ഈ ആമ്പൽ പൊയ്യൽ കുളിച്ചാൽ എന്താ നിന്റെ പേര്യോ ബുദ്ധുസേ സുന്ദരിന്ന് പറയെ പേരെന്താ കുഞ്ഞിപ്പാത്തുമ്മ എന്ത് മനോഹരമായ പേര് ആ ഈ ആമ്പൽ കുളിച്ചാൽ എന്താ കന്നട്ട കടിച്ചും സ്ത്രീയട്ടെയോ പുരുഷട്ടെയോ കെട്ടിയോനും കെട്ടിയോളും ഉണ്ടായിരുന്നു ഞമ്മളൊരിക്കെ കുളിച്ചാൻ അറിഞ്ഞപ്പോ ഒരു വണ്ണം കുറഞ്ഞ കറുത്ത സാധനം എന്റെ അടുത്തേക്ക് വന്ന് പടശോനേ കന്നട്ടാ ഞമ്മള് കരക്കി കയറി തൊടേലെന്തോ കടിച്ച് എന്നെ കടിച്ചു കൊല്ലണേ ഓടിവായോ എല്ലാരും ഓടിവായോ എന്നും പറഞ്ഞ് നെലോളി ചോടാൻ തോന്നി എന്നിട്ട് എന്തോ ഓടിയില്ല ഞമ്മൾ കുപ്പായം മുണ്ടും എടുത്തായിരുന്നില്ല എന്നിട്ട് ഇബ്ലീസേ എന്റെ ചോരം മുയോനും കുടിച്ച് ഞാൻ ചീത്ത പറഞ്ഞ് അട്ടേനെ എന്നിട്ട് പൊയ്കല് തട്ടിയിട്ട് അതിനെ പെരാല് പെട്ടിങ്ങി ഞാനായിരുന്നെങ്കി നെല്ലാളെ വരുത്തുമായിരുന്നു ആ ബാളംപുളി വേണുങ്ങഷ്ണം തരും എത്ര പൈസണ്ട് പതിനേഴ് നിക്ക് ഉമ്മ പറഞ്ഞത് ഇരുപത്തിരണ്ടെന്നാ ബാപ്പ പറയണതോ എന്റെ ബുദ്ധിസൊന്നും മിണ്ടാത്ത എന്തിനാ ബുദ്ധിസന്ന് വിളിച്ചത് ബുദ്ധുസേ അങ്ങനെയല്ല പറയേണ്ടത് എന്നെ എന്തിനാ ബുദ്ധൂസേന്ന് വിളിക്കുന്നത് എന്ന് ചോദിക്കണം പോക്കാക്ക എന്നെ കള്ള ബുദ്ധൂസേന്ന് വിളിക്കാം പിന്നെ ഇക്കാക്കാൻ ഉട്ടാപ്പിന്നും വിളിക്കും ഇക്കാക്കാന്റെ പേരെന്താ നിസാർ അഹമ്മദ് പെണ്ണിന്റെ പേരെന്തെന്നാ എന്റെ പേര് ആയിഷ നിസ്ലിം യാറബു അലമി പേരെന്തെന്നാ പറഞ്ഞേ ആയിഷ വേണെങ്കി ആയിഷിബിന്നോ ബീഗമായിഷന്നോ വിളിക്കാം കോളേജിലെന്നെ ആയിഷ ബീബിന്ന വിളിക്ക എല്ലാവരും ആയിഷ മുഹമ്മദ് റബിയുടെ വീടരുടെ പേരാണ് റബേ ഇത് എന്തൊരു ഇസ്ലാമിങ്ങളാണ് ആ മുഖത്ത് തലേ മുടിയില്ല ആമ്പറന്നോ അതെ ബാപ്പ പിന്നെ അതെന്റെ ഉമ്മ ആ പോക്കാരൻ ഇത്തോട് ബാപ്പയാണോ ഹെ രാവും പകലും കലാ ശബ്ദം അതെൻറെ ഉമ്മ ആ അതെന്തിനാ ഇത്ര അധികം ഉച്ചത്തിൽ അവർ വർത്തമാനം പറയണത് അയൽപക്കാർക്ക് കിടന്നുറങ്ങാനേ സാധിക്കില്ലല്ലോ മുസ്ലിം സ്ത്രീകൾ അടക്കവും ഒതുക്കവും ഇല്ലാതെ ഇങ്ങനെ പൊതുശല്യക്കാരിയാകുന്നു നല്ലതാണോ ഇത്തേയുടെ ഉമ്മെന്തിനാ ഞങ്ങളുടെ മുമ്പിലുള്ള വെള്ളമില്ലാത്ത ചെറിയ തോട്ടിൽ വന്ന് വെളിക്കിരിക്കണത് അത് അത് ഞമ്മള് രാത്രിയില് നാട്ടുവിയിലിരിക്കും ഇത് പകലായിട്ടാ അതുകൊള്ള ഈ നാട്ടിലെല്ലാവരും ഇങ്ങനെ നാട്ടുവഴിയിലാ അതെ പിന്നെ ഇത്ത രാത്രി എന്ന് പറയരുത് ഉം രാത്രി എന്ന് പറയണം ഓ രാത്രി ഓ അങ്ങനെയല്ല നിങ്ങളുടെ വീട് എവിടെയാണ് എന്നാ ചോദിക്കേണ്ടത് ഞങ്ങൾക്ക് പട്ടണത്തിൽ ഒരു വീടുണ്ട് ഓടുമേഞ്ഞ ഒരു രണ്ട് നില മാളിക വീട്ടിലെ ഓരോ മുറിയിലും ഇലക്ട്രിക് വിളക്കുകളുണ്ട് പിന്നെ റേഡിയോ ഉണ്ട് അതെന്താ അതൊരു പെട്ടിയ അതിലൂടെ ഒരുപാട് രാജ്യങ്ങളിലെ പാട്ടുകളും വർത്തമാനങ്ങളും ഒക്കെ കേക്ക മക്കത്തുന്ന് കേക്കുവോ പിന്നെ നിങ്ങളുടെ വീട്ടി ബാളംപുളിണ്ടാ അതില്ല പിന്നെന്താ ബാളംപുളിയല്ലേ പ്രധാനം കള്ളബുദ്ദേശ നിങ്ങക്ക് ആന ഉണ്ടായിന്നില്ല എന്റെ പൂപ്പാക്ക് ഒര കൊമ്പനാന എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു അതില് സാമാനങ്ങള് കയറ്റി കൊണ്ടുപോയി വീടുകളിലും കടകളിലും ഒക്കെ കൊടുക്കും ആ വണ്ടി കൊണ്ട് എന്റെ ബാപ്പായെ എമ്മ വരെ പഠിപ്പിച്ചു ആ എന്നിട്ടിത്താത്ത നിങ്ങളുടെ ആ വലിയ കൊമ്പനാനെവിടെ അത് ചത്ത് ഞങ്ങക്ക് ഒത്തിരി മൊതലുണ്ടായിരുന്നു എന്നിട്ടിപ്പതൊക്കെ എവിടെ പോയി ബാപ്പയ്ക്ക് എന്താ ജോലി എന്ത് കച്ചോടം കണ്ടതും കടിയതും അട്ടെ ബാപ്പയുടെ പേരെന്താ വട്ടനടിമ ഉമ്മയുടെ പേരോ എന്റെ ഉമ്മയുടെ പേര് ഹാജിറ ബേബി കാക്കയുടെ പേര് നിസാർ അഹമ്മദ് എന്റെ കാക്ക കവിയ അതെന്താണ് കവിത എഴുതുന്നതേ ഭൂമിയിലാ മരങ്ങളും പൂക്കളും കായകളും കിഴങ്ങുകളും ഒക്കെ ആയിത്തരും ഈ കാക്കയുടെ കവിതകള് വലിയ വൃത്തിയും വെടിപ്പുമൊക്കെ ഉള്ള ഒരു ഭയങ്കര മനുഷ്യനാ എൻറെ ഇക്കാക്ക തൊട്ടാപ്പീന്റെ എന്ന് വരും നാളെ മറ്റുന്നാലോ ഏതായാലും തത്തേടും ഉമ്മയോട് പറഞ്ഞേക്ക് ഞങ്ങളുടെ മൂക്കിന്റെ തൊട്ടടുത്ത് വന്നിരുന്ന് വെളിക്ക് ഇറങ്ങരുതന്ന് ഇക്കാക്ക വന്ന വലിയ വഴക്കുണ്ടാക്കും പടച്ചോനെ തൊട്ടാപ്പീന്റെ വന്ന വയക്കുണ്ടാക്കും ഇത്തരം വിവാഹം കഴിഞ്ഞോ എന്റെ വിവാഹം കഴിഞ്ഞില്ല തൊട്ടാപ്പീൻറെ അത് കഴിഞ്ഞോ എന്റെ ഇക്കാക്കയുടെ കല്യാണത്തിന് ശേഷം ഉണ്ടാവൂ അത് കല്യാണം കഴിക്കണ പെണ്ണിനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവണം അത്രേ എന്തൊക്കെയാണ് ചെയ്യാൻ പഠിച്ചിരിക്കണം ഡാൻസ് ചെയ്യാൻ അറിയണം ആ ദുനിയാവിലുള്ള എല്ലാ തീറ്റ സാധനങ്ങളും ഉണ്ടാക്കാൻ അറിയണം പിന്നെ കൃഷിക്കാരി അറിയണം ഇത്താത്തക്ക് ഒരു ദിവസം രാത്രി ഇക്കാക്ക ചാരികസേരി വായിച്ചു കിടക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ കൈ മേശ വലിപ്പിന്റെ ഒരു വശത്തിരിഞ്ഞായിരുന്നു ഞാനത് കണ്ടില്ല ഞാനത് അങ്ങോട്ട് വലിച്ചടച്ചു ആ ഇക്കാക്കയുടെ എടത്തു കൈടെ ചെറുവിരലേ ഞെരിഞ്ഞ അമർന്നുപോയി റബേ എന്നിട്ട് ഇക്കാക്ക അനങ്ങിയില്ല എന്നോട് മീശ ചെറിയ കത്രി കൊണ്ടുവരാൻ പറഞ്ഞു ഇക്കാക്ക കത്രി കൊണ്ട് ചതഞ്ഞുപോയ വിരലങ്ങൾ മുറിച്ചു കളഞ്ഞു റബുലമീനായ തമ്പുരാനേ ഇത്തത്താ ഞാൻ പോണു എന്റെ ഇവിടെ പോയിരുന്നോ എവിടെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ ചോദിച്ചിട്ട് വരാം ഉമ്മാ അവിടെ താമസിക്കുന്നവരെ ഇസ്ലാമികളാ ഞാൻ അവിടുന്ന് പോട്ടെ പോടി കയറാൻ പറഞ്ഞോളെ ഇസ്ലാമിള് അവര് കാഫരങ്ങളാ അല്ലുമാലാമിങ്ങളാ നോയിക്കേ അവിടുത്തെ ആഴ്ച ഞമ്മടെ പുളിൻചോട്ടിന് ഇപ്പൊണ്ട് ഞാൻ കണ്ട് മയ്യേ പതിരി അതെമ്മതു പറ ഞാനന്ന് പോട്ടെ അവര് താമസിക്കണെടുത്ത് നീ ഞമ്മടെ നാളെ വരാം നിമിണി ജോലിണ്ട് നാളെ ഞാൻ വരുമ്പോ പൈത്ത ബാളമ്പുളിയും കൊണ്ടു ഓ എന്റെ പടച്ചോനെ തൊട്ടാപ്പീന്റെ കാനെ പരുത്തരുതെന്നല്ലേ ഞമ്മള് പ്രാർത്ഥിച്ചത് എന്റെ പടച്ചോനീ കുഞ്ഞിപ്പാത്തുമ്മ അവര് ഇസ്ലാമിങ്ങളല്ല ആനമക്കാരന്റെ പുന്നാര മോളാ പറയണ് അതെമ്മ ക്യാമം അടുത്തതിന്റെ അടയാളം കണ്ട ആ പെമ്പർ നോത്തി തലേ പൂ വെച്ചിരിക്കണന്നേ അത് ഇസ്ലാമിന് ചേർന്നതാണ് പിന്നെ ആ പെങ്കുച്ചിന്റെ കോലം കണ്ട െ രണ്ടു ബാലാക്കി തോളിക്കൂടെ നെഞ്ചത്തിട്ടിരിക്കണേ അവക്ക് കിറുക്കുണ്ട് ഓടും ചാടും പാട്ടും പാടും ുത്തിനി ഹാലിട്ടിത്താ പോലിക്കൽ ഹാലിത്ത മാണിക്കലിഞ്ചല്ലോ സങ്കര ബാഹിനി ഹീലത്ത കുത്താലോ ഹാനത്ത ലക്കിടി ജിമ്പാലോ അമീൻ ഇത് ബെയ്ത്ത് പാട്ടോ കേസ് പാട്ടാ അല്ല എന്റെ ഇക്കാക്ക എഴുതി തന്നതാ കോളേജിൽ പെൺകുട്ടികൾക്ക് ഘോഷയാത്ര പാടാൻ തൊട്ടാപ്പി പാടിയപ്പോ ഞാൻ ആമയും പിടിച്ച് കണ്ട് ആമയും പിടിച്ചതിന് ദോഷണ്ടാ ക യാതൊരു ദോഷവും ഇല്ല പാട്ട് തെറ്റിയാലേ എന്റെ കാക്ക എന്നെ തല്ലും പാട്ട് തെറ്റിയാല് ഇക്കാക്ക എങ്ങനെ അറിയും ഇക്കാക്ക വന്നാൽ എന്നെ വിളിക്കും ലുട്ടാപ്പി ഇവിടെ വരൂ ഈ വരക്കകത്ത് നിൽക്ക് ഞാനപ്പ വരക്കകത്ത് നിൽക്കട്ടെ ഇക്കാക്ക അപ്പ പറയും പാടൂ പാടിയില്ലെങ്കിൽ എന്നെ അറുത്ത് രണ്ടായിരം കഷ്ണാക്കും അതിനു ശേഷം രണ്ടായിരം കിളികൾക്ക് കൊടുക്കുന്നു അതോ എന്നിട്ട് ആ കിളികളെ എല്ലാം പിടിവെച്ചു കൊല്ലും എന്നിട്ടോ അതിനെല്ലാം പൊരിച്ചു തിന്നും അയ്യേ അറുത്ത് തിന്നണ്ടേ ഓ എന്റെ ബുദ്ധുസേ എന്നെ പോലുള്ള ഒരു നല്ല പെണ്ണിനെ കൊന്നിട്ടുള്ള കാര്യത് അത് സെരി ആ ആ അതിരിക്കട്ടെ തത്ത് എന്താ എഴുത്തും വൈനയും പഠിപ്പിക്കാഞ്ഞത് ഒരുപാട് സ്വത്തുണ്ടായിരുന്നല്ലോ എത്ത് പഠിച്ച കാഫിറാകുന്ന അമ്മ പറയണത് അത് ശരിയല്ല നോക്കേ വായിച്ച അറിവുണ്ടാകും അറിവില്ലാത്തവർ ഹമിക്കാ എങ്കിലും കാഫീറിനോട് മാറി കാണിക്കണ്ടേ അന്നേരാ ആദ്യമുന്നം അള്ളാഹ് പഠിച്ചത് ആരെയാണ് എനിക്ക് അറിഞ്ഞുകൂടാ മനുഷ്യരില്ലാണെങ്കിൽ ആദ നബിയേയും ഹവാ ബിബിയും ഖുറാനിലാദ്യത്തെ വാക്ക് വായിക്കുക എന്നാണ് മുസ്ലിമായി ജീവിക്കണം മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് പക ക്രൂരത ഇതൊക്കെ ഒഴിവാക്കണം നന്മയോടാണ് മാറുകാണിക്കേണ്ടത് കാരുണ്യത്തിന്റെ മതമാണ് ഇസ്ലാം ഇനിയും വല്ല സംശയമുണ്ടോ ബുദ്ധൂസിന് ഇസ്ലാമിന് പൂ കണ്ണും മൂക്കും ഉള്ളവർക്ക് വേണ്ടിയാണ് പൂക്കള് മണിപ്പിക്കുകയും ചെയ്യാം തലേല് ചൂടുകയും ചെയ്യാം അവിടത്തെ കാക്ക ഒരുപാട് ചെടികളായിട്ട് വന്നിട്ടുണ്ട് അവരെല്ലാരും കൂടി അതാ നടന്നതിന്റെ ഒച്ചയാ ഓ അവർക്ക് വിരാന്ത് ഞാൻ നമ്മടെ പറമ്പൊക്കെ അടിച്ചു വാരി തീയിടട്ടെ എന്താടി അനക്കിപ്പാലിളക്കം ആ ഞാനിപ്പരാ ചുട്ടാപ്പീന്റെ ഇക്കാക്ക ആദ്യായി കണ്ടപ്പോ ചോയിച്ചത് കയ്യില് മുറിവുണങ്ങിയോന്നാലും ഞാൻ ഓർക്കണുണ്ടല്ല പുല്ലു പറക്കണ മാതിരി ഇവിടെ ഇരുന്ന് അവര് നടന്നത് നോക്കാം ഓയ് ഏയ് ഒന്ന് പറയട്ടെ ആ നിങ്ങളോടന്നെ ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കക്കൂസിരിക്കുന്നത് ശരിയല്ലേ നീ ആരോടാ സംസാരിക്കണേന്ന് അറിയോ ഉമ്മാങ്ങട് പോണുങ്ങളുടെ പുറത്ത് മെക്കട്ട് കേറാൻ പരി ഹ്മാങ്ങോക്കി ഞമ്മള് തോട്ടേ ഇരുന്നപ്പോ വന്ന് ഉളിഞ്ഞു നോക്കി ശങ്കൻ അസ്സാം വലൈക്കും ഞങ്ങള് നിങ്ങളുടെ അയൽപ്പാഗത്ത് താമസിക്കുന്നവരാണ് വാപ്പയും ഉമ്മയും എന്റെ സഹോദരിയും ഞാനും ഉണ്ട് പിന്നെ പറയാം എന്താണെങ്കിലും ഞങ്ങളുടെ മൂക്കിന്റെ അടുത്ത് വന്നിരുന്നു ഇങ്ങനെ രക്ഷിക്കെ ഞമ്മളുടെ ഉമ്മയാ ആനമ്മാരൻറെ പുന്നാര മോള് ഉമ്മയാണ് പറയണത് ഹറാൻ പറഞ്ഞത് എനിക്ക് പറയാൻ കഴിയൂലി പറയാൻ കഴിയൂല എന്താ പറഞ്ഞു എന്റെ ഉമ്മ നോണേണ് പറയണത് അവിടെ പറമ്പി ഹോയ് എന്ന് വിളിച്ച് എന്നിട്ട് ഞങ്ങളുടെ മൂക്കിന്റെ അടുത്ത് വന്നിരുന്ന് വെളിക്ക് ഇറങ്ങുന്നത് ശരിയാണോന്ന് ചോയിച്ച് അതിന് ഉമ്മ ബഹളം ഉണ്ടാക്കുക അത്ര പാവങ്ങളാണ് ഞങ്ങളും പാവങ്ങളാണ് ഞങ്ങൾക്ക് സ്വന്തമായി സ്ഥലമൊന്നുമില്ല പട്ടണത്തിൽ ഞങ്ങൾ താമസിക്കുന്നത് വാടകയ്ക്കാണ് ഇപ്പോ ഞങ്ങൾ കൊറച്ച് സ്ഥലം വാങ്ങി എനിക്ക് കൃഷിയിലാണ് താല്പര്യം ഞമ്മള് സാമതിക്കുന്ന ഈ പോരയും പറമ്പുണ്ടല്ലോ മോനെ നമ്മടെ സ്വന്താണ് എന്നാല് ഞമ്മളൊരു ഭയം കാണലില്ല നോക്ക് നോക്കണോ ഈ പറമ്പിൽ വല്ല മോറയും തോറയും ഉണ്ടോ ഇന്നാട്ടിൽ അധികം മനസ്സിലും സന്ധ്യ കഴിഞ്ഞാൽ കക്കൂശ പോണത് എന്തേ കാരണം എന്നറിയോ നാട്ടു ഭയിലിരിക്കാൻ ഞമ്മടെ കെട്ടുകളും മോളും പോണത് എന്താന്ന് വെച്ചാൽ ഞമ്മളൊരു സിവിയിലൊക്കെ കഴിഞ്ഞോരാ മോനെ കാര്യെന്തായാലും നാട്ടുവഴി മനുഷ്യർക്ക് മലമൂത്ര വിസർജനം ചെയ്യാനുള്ളതല്ലോ നടക്കാനുള്ളതാണ് വൃത്തി കേടാക്കരുത് ദയവായി ഇവിടെ ഞാൻ പറയുന്ന പോലെ നിങ്ങക്ക് ചെയ്യാമോ ഒരഞ്ചെട്ട് പത്തലും കുറെ കയറും ഒരു മൺവെട്ടിയും കുറച്ചോലും ഉണ്ടാക്കാമോ ആ എന്നാൽ നമുക്ക് ഒരു കക്കൂസ് ഉണ്ടാക്കാം ഏതായാലും അതൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്നെ വിളിക്കും നീ എന്റെ മോളല്ല അന്നെ ഞാൻ പറ്റതല്ല ഓറോ പറഞ്ഞത് അന്റെ ബായിൽ എന്താ നിനക്ക് എന്നോട് മുണ്ടിയാൽ എന്താ കൈ വാള ഊരി പോവുവോ നിന്റെ കയ്യിൽ വാളയെന്നുല്ല എന്നാൽ എന്റെ പുന്നാര്മയാണോ വലുത് അവനാണ ഇപ്പൊ ചെമ്മനടിമയുടെ മൂച്ചൊക്കെ എവിടെ പോയി ഇപ്പൊ കണ്ടാ അവന്റെ രണ്ട് പയക്കം കേട്ടപ്പോ ചെമ്മേനടിമ സുക്കൂത്തുപാടി ഓലയും പത്തലും എന്തിനാ കവർ വരെ കെട്ടാനാ നീ അവന് വേണ്ടി സാച്ചു പറഞ്ഞെന്തിനാ എന്റെ പുന്നാര ഉമ്മാടെ മാലും രക്ഷിക്കാൻ പാടില്ലായിരുന്നാ ഇച്ചു കളസാച്ചി പറയാൻ കഴിയല എന്താണി പറഞ്ഞാല് എന്റെ കൈത്തല്ല മാല ഊരി പോവോ നിന്റെ കൈത്തിൽ മാലൊന്നും ഇല്ല പിന്നെ എന്താണി പറഞ്ഞാല് വെട്ടി അരിഞ്ഞെങ്കില ഞമ്മക്കെന്താ അവൻ ചാവും ബാപ്പാനെ പോലീസാര് പിടിച്ചോണ്ടോ ഈ തല്ലിക്കൊന്നിരുന്നെങ്കിലോനെ നേരന്ന് എന്റെ പുന്നാര മോള് ഞമ്മടെ കുടുംബം രക്ഷിച്ചു എന്റെ മോക്ക് എന്താ കൊറേ ദിവസായിട്ട് ചെയ്യണം എന്റെ കരളിൽ ഒരു പഠിച്ചോനെ വല്ല ഇവരിത്തോ ചിഹ്നോ മോക്ക് കൂടിയോ കുഞ്ഞിപ്പാത്തുമ്മ ബാപ്പയും അഹിമദും ഈ ബെയിലത്ത് നല്ല പണിയാണല്ലോ അഹിമതല്ലമ്മസാർ അഹമ്മദ് ും ഗ്സ് കൈകിയത് എത്ര നന്നായി ഗ്ലാസ് മണപ്പിച്ചു നോക്കണണ്ട് കാക്കൂസ് ഉണ്ടാക്കി കഴിഞ്ഞു എന്നാ തോന്നണു ദേശം ഭർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണുണ്ട് എന്നാൽ എന്റെ കുഞ്ഞയെ ഞമ്മക്കിത് നേരത്തെ തോന്നിയില്ലടോ എങ്ങനെയെല്ലാം വീട്ടിലുണ്ടായിരുന്നെങ്കിൽ നാറാതെ നടക്കാറുണ്ട് മോനെ പിന്നെ കിയാമടുത്ത് ഭാര്യടോ ജനങ്ങൾ ഇത്ര അഹങ്കാരികള് ദുഷ്ടന്മാരായി തീരാൻ കാരണം എന്തെന്റെ കുഞ്ഞ്മതേ അതെനിക്ക് അറിഞ്ഞുകൂടാ ജനങ്ങൾക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് അഹങ്കാരികളും തീരുന്നത് അസൂയും പകയും ഒക്കെ എല്ലാവർക്കും ഇല്ലല്ലോ നല്ല വഴിക്ക് തിരിച്ചുവിടാൻ ആള് വേണം പിന്നെ മറ്റുള്ളവർ ചീത്തയാണെന്നുള്ള വിചാരം കളഞ്ഞിട്ട് നന്നാക്കാൻ ശ്രമിക്കണം ആ ഈ കാടൊക്കെ എന്തിനാ വെച്ചുപിടിപ്പിക്കണത് അതൊന്നും കാടല്ലോമ്മാ രണ്ടു മൂന്ന് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്കൊക്കെ നല്ല മാമ്പഴം പേരക്ക കൈതച്ചക്ക സപ്പോട്ട എല്ലാം തരാം ഐമതിന്റെ ഉമ്മ എന്താ ഇങ്ങോട്ട് വരാത്തത് ഉമ്മക്ക് പേടിയാണ് ഇന്നാളത്തെ ആ വഴക്കിന് ശേഷേ ആ കള്ള ബുദ്ദൂസേ ഉം എന്താ ഈ കഴുത്തി കെട്ടിത്തൂക്കി നടക്കണത് ഇത് ഇത് മുസ്ലിയും വിചാരിച്ചേസ് ആണെന്ന് ഇത് കെട്ടിയാല് എല്ലാ സൂക്കടും മാറും ഇതിനേക്കാളും വലുത് ഞങ്ങളുടെ അവിടെയുണ്ട് ഈ കാക്കന്റെ വല്യ സൂട്ട് അത് കഴുത്തി കെട്ടിത്തൂക്കി നടന്ന ഏത് ഷൈതാനും ജിന്നും ഒക്കെ പോവും കള്ള ബുദ്ധൂസെ മിണ്ടാണ്ടിരി എന്ത് പറ്റി ൊരു വേദന തൊട്ടാപ്പീന്റെ ഇക്കാക്കാനെ കാണുമ്പോ കരളിലൊരിത് എപ്പോഴും കാണണെന്നുണ്ട് ഉപ്പുമേടിക്കാൻ പോയാലോ അല്ല വേണ്ട തീ ചോദിക്കാൻ പോയാലോ എന്നാലും കാണാൻ പറ്റൂല ചെടികൾക്ക് നനക്കാവും എന്തെങ്കിലും വായിച്ചാവും ഓ എന്താണ് ഇത്ര വായിച്ചിണത് എന്തായാലും തീ വാങ്ങാൻ പോവെന്നെ തൊട്ടാപ്പീനെ കാണുന്നില്ല തൊട്ടാപ്പീന്റെ ഉമ്മാടെ കയ്യിൽ നിന്ന് തീ വാങ്ങി പോകാം ഓയ് കുഞ്ഞിപ്പാത്തുമ എനിക്ക് ശകലം തീ വേണം ഈ സിഗരറ്റ് ഒന്ന് വലിക്കാനാ എവിടെ കുഞ്ഞിപ്പാത്തുമ്മ നമ്മടെ കുരുവി ആ കുരുവി അതെന്റെ അടുത്ത് വന്ന് കുഞ്ഞിപ്പാത്തമ്മക്ക് സുഖാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏതോ ഇഫിറീത്തിനെ ഓടിക്കാൻ അവളൊരു സ്യൂട്ട് കേസും കഴുത്തിൽ കെട്ടിത്തൂക്കി കൊണ്ട് നടക്കുകയാണ് തീട്ടാ കുഞ്ഞിപ്പാത്തമ്മ നിനക്കെന്തു പറ്റി കരളില് വേദന ഉം അതിന് അത് കഴുത്ത് കെട്ടിയാ മാറുവോ തീത്ത നീ എഴുത്ത് പഠിച്ചിട്ടില്ലേ പഠിപ്പിച്ചില്ല ആ എന്നാ നാളെ മുതൽ ആയിഷയോട് പഠിപ്പിക്കാൻ പറയണം പറയോ തൊട്ടാപ്പിന്നെ ലുട്ടാപ്പി നിന്നെ കളിപ്പിച്ചാൽ ഞാൻ അവളെ രണ്ടായിരം കഷ്ണമാക്കി അയ്യോ വേണ്ട വേണ്ട തൊട്ടാപ്പിനെ ഒന്നും ചെയ്യണ്ട തീ ത ഓ എന്നാ പിന്നെ ലുട്ടാപ്പിയോട് ഞാൻ പറയാട്ടോ കള്ള ബുദ്ധൂസേ നമുക്ക് പുള്ളിഞ്ചോട്ടിലിരിക്കാം ഞാൻ ഇപ്പ വരച്ച ഈ വരക്കകത്ത് നിക്കൂട്ടാ വലത്ത് കഴിഞ്ഞ് ഈ പുസ്തകം പെൻസിലും പിടിക്കും ഇന്ന് മുതൽ ഞാൻ ബുദ്ധൂസിന്റെ ടീച്ചറാണ് ഓ ആ പഠിപ്പിക്കണതിന് മുമ്പ് കള്ള ബുദ്ധൂസിന്റെ എന്നോട് തുറന്ന് പറയണം ൂസില് എന്താണ് ഒന്ന് മിണ്ടാണ്ടി തൊട്ടാപ്പി ഏ തുറന്നു പറയുന്നോ അടി കിട്ടണോ കൊള്ള ഞാൻ നാലായിരം കഷ്ണാക്കും പറയേ ഒന്ന് പോ തൊട്ടാപ്പി പറ എന്റെ കായും തത്തയുമായി എന്താണ് ബന്ധം നീ ഒന്ന് മിണ്ടാണ്ടിരന്റെ തൊട്ടാപ്പി അട്ടേ ഡാൻസ് ചെയ്യാൻ അറിയോ ക്ഷൗരം അലക്ക് പാചകവിദ്യ ചിത്ര എഴുത്ത് ഇതിലേതെങ്കിലും ഒന്നറിയാ ഈ ഒന്ന് മിണ്ടാണ്ടിരിന്റെ തൊട്ടാപ്പിച്ച് അറിയാൻ പാടില്ല തൊട്ടാപ്പിക്ക് എന്നെ പഠിപ്പിച്ചാലെന്താ എന്നാ കേട്ടോ പുരുഷന്മാരെ പോലെ കള്ള ബുദ്ധൂസുകൾ ഈ ദുനിയാവിൽ വേറെയില്ല അയ്യേ മിണ്ടാണ്ടിരി അങ്ങനെ പറയല്ലേ തൊട്ടാപ്പി നോയ്ക്കേ ഒരു ഈച്ചനെ എറുമ്പ് കൊണ്ടുപോണുണ്ടോ ഇപ്പൊ ഷത്ത് മുന്താഹയുടെ ഒരു കൊച്ചില വീണ് കാണും ആ അതൊക്കെ പോട്ടെ താത്തക്ക് എഴുത്ത് പഠിക്കണോ പഠിച്ചണം പഠിച്ചോദിക്കുന്ന ഉത്തരം പറയണം എന്റെ കാക്കയെ എപ്പോ പരിചയപ്പെട്ടു എന്നെത്ത് പഠിപ്പിരു തുട്ടാപ്പി ഇത്താത്ത ഞാനായിട്ടല്ലേ ആദ്യായിട്ട് ഇഷ്ടായത് അല്ല ഏ എന്നാ അത് പറയൂ നിങ്ങളുടെ കിണറ്റിൻ കരയുന്നേ തുട്ടാപ്പിയും മറ്റും ഭരണേനു മുമ്പ് അറിയാ ഒരു ദിവസം കെട്ടിയോ കുരുവി കെട്ടിയോളു കുരുവിനെ കൊത്തി കൊല്ലാൻ പോയി അപ്പൊ കെട്ടിയോളുകുരുവി തോട്ടിവീണ് അതിനെ നോക്കാൻ പോയപ്പോ ഞാനും തോട്ടി വീണ് അയ്യോ എന്റെ കൈയും മറ്റും കുത്തിക്കേറി ഒത്തിരി ചോര വന്ന് ഞാൻ കൊറച്ച് ചോര കെട്ടിയോളു കുരുവിക്ക് കൊടുത്ത് എന്നിട്ട് തോട്ടി ഇറങ്ങി വന്ന് എന്റെ കൈയുമ്പോ വെച്ച് കെട്ടി തോട്ടിന്ന് കരയെ കയറ്റി കുളിച്ചുമ്പോ നനക്കരുതെന്നും പറഞ്ഞ് എന്നിട്ട് കുരുവിയോ പറന്നയിന്റെ വീട്ടിൽ പോയി കുഞ്ഞിപ്പാത്തുമ്മ ചെയ്ത അത്ഭുതകൃത്യം ഇതാണല്ലേ ഒന്നുമില്ല ആണുങ്ങൾ എന്ന് പറയുന്ന കള്ള ബുദ്ധൂസുകളെ പറ്റി ഒന്നും പറയില്ല മിണ്ടാടിപ്പി അങ്ങനെ പറയാമോ ഇത്താത്ത പെണ്ണത്തല്ലോ അല്ലേ അതിനെനിക്ക് വിധിയുണ്ടെന്നാ തോന്നുന്നു എന്താണ് ഞാൻ പഠിപ്പിക്കാൻ പോണോ ഇത്താത്ത ശ്രദ്ധിക്കണം ഞാനീ എഴുതിയ അക്ഷരമാണ് ബാ കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക് പറയൂ എന്റെ ബുദ്ധുസേ വഴി എന്ന് പറയണം അപ്പൊ അതില് ബാ ഉണ്ടോ എന്താ ഒന്ന് ആലോചിച്ച് പറയൂ വൈദനങ്ങ അല്ല ഇത്താത്ത ആ പിന്നെ ഇട്ടാത്തോടെ ഒരു കാര്യം ചോദിക്കാനും ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യ ആ കുരുവിയുടെ സൂക്കേട് മാറിവോന്ന് ഏ അത് പറഞ്ഞപ്പ എന്താ ഇത്താത്തയുടെ മുഖം ചമക്കണ് പിന്നെ ഇത്താത്തയുടെ ഈ മുടിയൊക്കെ കെട്ടി പൂവെച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് നിന്റെ അമ്മ പറയണത് അങ്ങനെ മുടി കോതിയാ കാപ്പിച്ചായി പോകുന്ന ഒന്നുമില്ല ഞാൻ ഇത്താത്തയുടെ മുടി ചെയ്തു തരാം ഏ ഞാൻ കൊണ്ടുവന്ന ഈ പൂക്കൾ ഇതും വെച്ചേരാ തലേലെ ഇബിലീസ് കേറുവോ ചെന്നാ കുരുവിയോട് ചോദിക്കുപ്പി നോക്കട്ടെ ഞാൻ ശരിയാക്കി തരാം ഇങ്ങനെ ഇരിക്കട്ടെട്ടാ ഇനി പോക്കു ഉമാ എന്നു നോക്കി എന്താ അടി അറാൻ പറഞ്ഞോളൂ ഈ കാട്ടിയെ അന്റെ തലയിൽ എന്താ കാണിക്കണ പോലെ ഇജ്ജ് കാണിക്കണ്ട ആ പെങ്കൊച്ചിന്റെ ഉപ്പൂപ്പേ കാളവണ്ടിക്കാരനായിരുന്നു തിരിഞ്ഞെ ആനമക്കാരൻറെ പുന്നാരമോളുടെ പുന്നാരമോളാ നിന്റെ ഉപ്പൂപ്പാക്കാൻ ഒരന വലിയൊരു കൊമ്പനാൻ പിന്നെ എന്റെ നിക്കാകെ ഉടനെ നടക്കും ബാപ്പ ചെറുക്കനെ നോക്കണുണ്ട് നിന്റെ അനുപാസം കൂടാതെ ഈജ് ഈ നീ വെളിയിൽ പോവരുത് ഓ എന്റെ തല കാറീനെ എന്റെ മോള് വീണല്ലേ എന്റെ മോക്ക് പണി എന്താ എന്താ ചോലി എന്തി താണു നോക്കിക്കിടുത്ത് മോത്ത് വെള്ളമൊഴിക്കുവോ എന്തെന്റെ മോൾക്ക് മോളെത്തുവോ എന്ത് പെന്തെന്റെ വൊ ച് ളonentsഷ behaviour ഷ iPhい പയ൭ glorious ലൈറғറ新聞 biography ഉൊ൐ ഭാട് ഈ Coin ജ്യൽ യ൒ൂocracy為 ക്See ല്യൄ എന്ത് പെടി മുസ്ലിര്ന്നിട്ടുള്ളത് ഷെയ്ത്താൻ ഒഴിപ്പിക്കാനാണ് ഏത് ഷെയ്ത്താനായാലും മുസ്ലിർ ഒഴിപ്പിക്കും അങ്ങേരുടെ കയ്യിലൊരു ഷൂരിലുണ്ട് ഇഫ്രീത്ത് ജിന്ന് ഷെയ്ത്താൻ കുട്ടി ഷെയ്ത്താൻ പിന്നെ മുന്തിൻ റുഹാനി അങ്ങനെ പല ഷെയ്താനിയും ഒഴിപ്പിച്ച ഷൂരിലാണ് അത് അസ്സാം വലിക്കും വാലും ഓള ഇങ്ങനെ വിളിക്ക് എന്തിരിത്താവളുടെ പേര് കുഞ്ഞിപ്പാത്തുവോ അങ്ങനത്തെ മുസ്ലിരി വിളിക്കുന്നു എന്തിരിത്താ എനക്ക് പറ്റിയത് ഇവിടെ നോക്ക് എന്റെ മോളെ ലക്ഷിക്കണം നിങ്ങളല്ലാണ്ട് ഞമ്മക്ക് ആരും ഇല്ല ഓൾക്ക് പിരാന്തൊന്നല്ല ഇത് ശൈതാൻ കേറിയതാ ഓളുടെ മോറും കണ്ണിന്റെ പുടിത്തവും കണ്ടാൽ അറിഞ്ഞൂടെ ഇത് നോക്ക് ഈ ചൂറിൽ ഇപ്പിരുത്ത് ജിന്നു റൂഹാനി ഏത് ശൈത്താനായാലും ഈ ചൂറിലോണ്ട് ഞമ്മളൊഴിപ്പിക്കും ചൂറിലോണ്ട് അടിക്കണത് കുഞ്ഞുപാത്തുമല്ലേ അപ്പോ ഷൈത്താൻ എങ്ങനെ അടി കിട്ടുക ഇന്നു ഓളുടെ മേത്ത് കേറിന്ന് പോയില്ലെങ്കിലാണ് ബൈ ഇല്ലാത്ത നല്ല ചൂനിയമ്മളക് അരച്ച് കണ്ണിയെ തോക്കും അപ്പൊ ഷൈത്താൻ പറ പറന്ന് പോകും ആ വെറുക്കന ഭർത്താനം പറഞ്ഞ് നേരം കളയണ്ട വട്ടനടിമേ മുറ്റത്തൊരു കുയി കുക്കി എന്നിട്ട് അയിൽ തീക്കനലിടു അന്നിട്ട് അയിനു ചുറ്റും ചട്ടിയിൽ തിരികാത്തിക്ക് കുഞ്ഞുത്താച്ചുമ ഒരു പലയുണ്ടാ ആ കുഴിയുടെ മുമ്പിൽ പലക വെക്കി ആ ഇഞ്ഞ് കുഞ്ഞുപ്പാത്തുമനെ പലകുമ്പിൽ ഇരുത്ത് ഈയൊക്കരിക്കും ചന്ദനും കൊണ്ട് എൻ്റെ തലയിൽ ഊയറ്റു നല്ല മണ മരണല്ല മുണ്ടാണ്ടിരിക്കുന്നു തീരെട്ടെ പറയാൻ കേട്ടില്ല ആരാണെന്ന് പറ പറഞ്ഞില്ലെങ്കില് പറയണത് കൊണ്ടാ ചൂറിൽ ഏത് ആയാലും ഏത് ആയാലും ഇറങ്ങി പോണതാ നല്ലത് ആരാണെന്ന് പറയാം കൂടി എന്തിരി തൗള്ക്കണത് ഇത് പറയണ അല്ലെങ്കിൽ പറയിക്കണ പറ കൈ നോക്ക മുളകരച്ച് കണ്ണി തയ്ക്കൊണ്ടിരി പായിച്ച് കാണിക്കുന്നു ചോറിലും ഈ ചോറിൽ ഇങ്ങനെ ഓടിച്ച് കസുന്ന ആക്കി ഞാൻ ഈ തീയിലടുന്നുണ്ട് എന്റെ മോള് വീടല്ലോനെ കുഞ്ഞിപ്പാത്തമാ തീന്റെ അടുത്ത് നിൽക്കണത് ആരാണ് തൊട്ടാപ്പീന്റെ കക്കല്ലേ ഞാൻ ഓടിച്ചെന്നതാണോ അല്ലെങ്കിൽ നമ്മളെ ഭാര്യ എടുത്താണ് അകത്ത് പായിൽ എന്നെ കൊണ്ടേക്കെടുത്തിയത് ആരാ ഒന്നും ഓക്കം കഴിയുന്നില്ലല്ലോ അടഞ്ഞു കിടക്കണ ജെല്ല തുറക്കണത് തൊട്ടാപ്പീൻ്റെ ബാപ്പയല്ലേ ദേ മുറിയിലേക്ക് വെളിച്ചം വരണേ വെളിച്ചത്തിന് എന്ത് നീ എണീറ്റിരുന്നു ഇതങ് കുടിക്കേ കയ്പോ വിചാരിച്ചുള്ളൂ രുചിച്ചു നോക്കണ്ട തൊട്ടാപ്പീന്റെ ഇക്കാക്ക പോയോ മരുന്ന് കുടിച്ചത് ഓർമ്മണ്ട് ഇക്കാക്ക പോയത് ഞമ്മളറിഞ്ഞില്ല മോളെ ഈ പൊടിയരിക്കഞ്ഞു കുടിക്കേ എത്ര നാളായി വലതും കഴിച്ചിട്ട് ഞാൻ മരിച്ചാ പോണ് നിനക്ക് ഐഷാന്റെ ഉമ്മാ മുടി കെട്ടണ പോലെ കെട്ടണ ഞാ മരിച്ചാ പോന്നാര മോടങ്ങനെ പറയല്ലേ എന്റെ കല്യാണക്കാരി ഒക്കെ നിശ്ചയിച്ചു കഴിഞ്ഞ് ഞാൻ പോണ് ഞാൻ മരിക്കാൻ പോണുന്ന് പറയണം അട്ടേ മരുന്നിന് മധുര ഉണ്ടായിരുന്നാ ഒന്ന് പോ തൊട്ടാപ്പി കള്ള ബുദ്ധൂസിനെ ഒരാള് മരുന്ന് കൊടുത്താലേ കുടിക്കൊന്ന് മിണ്ടാടി തൊട്ടാപ്പി കള്ള ബുദ്ധൂസിനെ കെട്ടിക്കാൻ പോണത് ആരെ കൊണ്ടാണെന്നറിയാമ കല്യാണത്തിന് എല്ലാരും വിളിക്കണം അഞ്ചെട്ടാളോളെ മാത്രം വിളിച്ച മതീതാ നിസാറിന്റെ ബാപ്പിൻ പറയരുത് പിന്നെ പുതുപ്പണിയുള്ളതൊക്കെ അവര് മേങ്ങിട്ടുണ്ട് കത്തീപിനെ വിളിക്കാന് നിങ്ങള് വേഗം പൊയ്ക്കോളി സാരി ഉടുത്തപ്പത്തനെക്കാണ് നല്ല ചേലുണ്ട് ഇനി മുടി ചീകി പൂവയ്ക്കട്ടെ ഞാൻ ഉം ഉം ഇങ്ങനെ അങ്ങനെ ശരിയോ അങ്ങനെ ആ ഇനി സാരിയുടെ തുമ്പുകൊണ്ട് തല മറക്കി ആ എന്നിട്ട് ഇച്ചിരിപ്പെടു ോട്ടെ ആ പൊയ്ക്കോളൂ ഏയ് കുഞ്ഞിപ്പാത്തുമാ ഉം കുഞ്ഞിയത് നിവർന്ന് ധീരമായി നടന്നു പോകും എന്താണ് വീട്ടുമുറ്റത്ത് പിള്ളേരൊരു ബഹളം പിള്ളേരും ഉമ്മയും തമ്മില് ബൈക്കാണോ എന്താണ് ബഹന്തകളെ ബഹന്തകൾ എന്താ പറഞ്ഞേ ഇങ്ങളെ കാലം പാമ്പ് കടിക്കൂ ഒലക്കോട്ടടിക്കും ഉമ്മ ഒന്ന് വെറുതിരിക്ക വല്ലതും പറഞ്ഞ അവരുടെ പാപ്പം ഒരു വരും വരട്ടടേ അന്ന് കാണട്ടെ ആനമക്കാരന്റെ പുന്നാരമോടെ പുന്നാരമോളെ അവർക്കൊന്ന് കാണട്ടെ ഉം നിന്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു വല്യൊരു കൊമ്പനാന അത് കുയ്യാനായിരുന്നു കുയ്യാനാ കുയ്യാനേ എന്താ കുട്ടികളെ എന്താ കുയ്യാന കുയ്യാനെ ഉമ്മ എന്താണ് ഉമ്മത് ഞമ്മ പഴയ കാലത്തെ പറ്റി ഓർക്കുകർന്നു മോളെ നീ ഉടുത്തൊരുങ്ങിപ്പോ ഒരു കൂറി ആയിരിക്കണു നല്ല മൊഞ്ചുള്ള ചെറുക്കനാണ് അയ്മത് റബി ലലുമീനായ തമ്പിരാനെ ശിക്ഷിക്കണേ ഉമ്മാക്ക് എന്താ ഇത്ര വിഷമം ആ പിള്ളേര് പറയണത് ഇജ്ജ കേട്ടില്ലേ ആ ഉമ്മാ ഞ നിന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആണിയുണ്ടായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നോവലിന്റെ റേഡിയോ രൂപാന്തരം സമാപിക്കുന്നു രൂപാന്തരപ്പെടുത്തിയത് പ്രൊഫസർ ഇ സുകുമാരൻ കഥാപാത്രങ്ങളും പങ്കെടുത്തവരും കുഞ്ഞു പത്തുമ്മ സി രമാദേവി കുഞ്ഞു താച്ചുമ്മ തൃശൂർ എൽ സി വട്ടനടിമ പി യു വിശ്വനാഥൻ നിസാർ അഹമ്മദ് പി കെ സുരേഷ് ബാബു മുസലിയാർ രഞ്ജിത്ത് മങ്കുഴി ആയിഷ എം തങ്കമണി കുട്ടികൾ മിനു മുംതാസ് വൈശാഖ് വിഷ്ണുപ്രിയ രാജേഷ് സംവിധാനം ഉമാ ബാലൻ